ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു ഒടുക്കത്തെ ഏഴു ബാധയുമുള്ള ഏഴു ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദൈവക്രോധം തീർന്നു തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും പള്ളുങ്ക കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു അവർ ദൈവത്തിന്റെ ദാത്തനായ മോഷ്ടിയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത് സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവെ നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ സർവ്വജാതികളുടെയും രാജാവേ നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ കർത്താവെ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കുന്നു നീയല്ലോ ഏക പരിശുദ്ധൻ നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നദ്ധിയിൽ നമസ്കരിക്കും ഇതിന്റെ ശേഷം സ്വർഗ്ഗത്തിലെ സാക്ഷികൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു ഏഴു ബാധയുള്ള ഏഴു ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് അപ്പോൾ നാല് ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ ഏഴ് പൊൻകലശം ആ ഏഴ് ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ബാധ ഏഴും കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല